അള്ളാഹുസുബഹാനഹുവ ചായാല നിങ്ങളെ സൃഷ്ടിച്ചു പിന്നീട് അവൻ നിങ്ങളെ മരിപ്പിക്കുകയും ചെയ്യും നിങ്ങളിൽ ചിലർ ഏറ്റവും മോശമായ വാർധക്യത്തിലേക്ക് തിരിച്ചെത്തപ്പെടും അറിവ് ലഭിച്ചതിനുശേഷം യാതൊന്നും അറിയാത്തവനായിത്തീരാൻ വേണ്ടിയാണത് തീർച്ചയായും അള്ളാഹുസുബഹാനഹുവ ചായാല എല്ലാം അറിയുന്നവനും സർവ്വശക്തനുമാകുന്നു